ോധവളാതീ തേജോമയീ മൈഷ്ടീ സിഹാവാം കവിലോകി ഭഗവതീ മംഗസ്മൃതശ്രീമുഖ്യമൃതർഷിണീം സുധുരം സങ്കീർത്തി ുഷാദൃഷ്ടവിശ്വാത്മദ പ്രഹ്ലാദാഭേദ ബ്രഹ്മമാണ മുഖരി സോമ്യത്വ ശരദിന്ദുസുന്ദരൂടാമണി ജ്യോതിര്യദക്ഷിമൂർത്തിയാസശങ്കരശന്തിമാഖ്യന്തേ സനന്ദപോതി പ്രതിപത്ത് വരാധ്വാന്തധംസ പ്രഗത്ഭവാചാ വേദേസുഖമുനി ദ്രവ്യാന്തരം അതാണ് അദ്വിതീയുടെ പക്ഷം തമസ് എന്ന് പറയുന്നത് നവദ്രവ്യങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു ദ്രവ്യമാണ് പ്രകോശ പ്രകാശവിരോധിയായ ഒരു ദ്രവ്യം ആണെന്ന് പറയുന്നത് അത് പ്രകാശാഭാവമല്ല അതാണ് സിദ്ധാന്തം അവസാനം പറയാ സാക്ഷിവാസി ആണെന്ന് അതുപോലെ ഇപ്പോൾ ഇവിടെ പറയുന്നു നോക്കാം അപ്പോ പറയുന്നു ഇത് ഇത് ഒരു ഭ്രമമാണ് ഏത് തമാല ശമള എന്ന് പറയുന്ന ഒരു ഭ്രമമാണെന്ന് പറഞ്ഞു ഭ്രമം അല്ല എന്താണ് വ്യവഹാരം സംഭവിക്കുന്നു അപ്പൊ അതുകൊണ്ടത് ഒരു ജ്ഞാനം തന്നെയാണ് എന്ന് പറയും ഇത് അപ്രതീതി പ്രതീതി എന്ന് പറയുന്നത് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശാലികാനാഥൻ ശാലികാനാഥൻ എന്ന് പറയുന്നത് പ്രഭാകര ഗുരുവിന്റെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ച ആളാണ് അതിനെ വ്യാഖ്യാനിച്ച ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും ഇന്ന് പൂർണ്ണരൂപത്തിലല്ല അതിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബൃഹതി അത് ഉപലഭ്യമാണ് പക്ഷെ ബാക്കിയല്ല പുസ്തകം മുഴുവനല്ല കുറച്ച് ഭാഗം അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇവിടെ പ്രഭാകരന്റെ അഭിപ്രായമായിട്ട് വരുന്നു പല ഭാഗങ്ങളിലും പിന്നെ താർക്കികൻ്റെ അഭിപ്രായമായിട്ടിവിടെ പലയിടത്തും വരുന്നത് മാനമനോഹരകാരൻ മാനമനോഹര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ ആൾ അത് ആൾ ആളാരാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല വാദിവാഗീശ്വരൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നു വേറെ ആരോ എന്നൊക്കെ പറയുന്നു വാഗീന്ദ്രനാണെന്ന് പറയുന്നു ഒരാളാണെന്ന് പറയുന്നു വേറെയാണെന്ന് പറയുന്നു ആ പുസ്തവും അതെ അല്ലല്ല ഇത് വേറെ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ പുസ്തകവും ഹിമാംസഗ്രന്ഥമാണോ തർക്കിക്രന്ഥമാണോ അതുപോലെ ഉറപ്പില്ല ഇതൊക്കെ മനസ്സിലാക്കുന്നത് പ്രത്യേകത്വ ഭഗവാൻ അവിടെ ഇവിടെയൊക്കെ പരാമർശിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇവരുടെ ഈ സിദ്ധാന്തങ്ങളും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒന്ന് യാതൊരു വഴിയുമില്ല ഈ കിട്ടുന്ന ശകലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക അത്രയുള്ളൂ ആർക്കായാലും അത്രയൊക്കെ സാധിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാള് പറഞ്ഞ അഭിപ്രായത്തെ പറയുമ്പോ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല പിന്നെ ഈ വിഷയത്തെ കുറിച്ച് ഇനി അഖ്യാതിവാദത്തിൽ കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സ്വാമി തമാല താലം തന്നെയാണ് താലവൃക്ഷം തന്നെയാണ് താലവൃക്ഷം തന്നെയാണ് സ്വാമി അപ്രതീത അയം പ്രതീതി പറയുന്നത് െ കുറിച്ച് അഖ്യാതിവാദം വരുമ്പോ അവിടെ വിശദീകരിക്കും ഇവിടെ തൽക്കാലം ഇത്രയും മതി വെറുതെ അധികം കിടന്ന് സമയം കളയേണ്ട കാര്യ ഖണ്ഡനം വരുമ്പോ അവിടെ അഖ്യാതിവാദ്യം നിഷേധിക്കുമ്പോൾ അവിടെ വിശദീകരിക്കും എന്നുവച്ചും ഔപചാരിക ആലോകാഭാവേ ആദ്യം ഭ്രമം എന്ന് പറഞ്ഞു അടുത്തൊരു പക്ഷം പറയുന്നു നീലവ്യവഹാരവ ഔപചാരിക ഗോണപ്രയോഗമാകാം ഏതുപോലെ ഇപ്പൊ വെളുത്ത വസ്ത്രം നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ആ വസ്ത്രം കുറച്ച് മുഷിഞ്ഞു മുഷിയുമ്പോൾ അത് കണ്ടിട്ടൊരാൾ പറയുന്നത് തുണിയാകെ കറുത്തു പോയല്ലോ എന്നു പറഞ്ഞതിനടുത്തവിടെ കറുപ്പുണ്ടെന്നാണ് തുണി വെളുത്തത് തന്നെ മുഷിഞ്ഞതുകൊണ്ടാണ് എന്ത് പറയുന്നത് പോയി കറുത്തുപോയെന്നു അല്ലാതെ കറുത്ത തുണിയല്ല വെളുത്ത തുണി തുണിയാകെ കറുത്തുപോയല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തുണി കറുത്തെന്നല്ല പിന്നെന്താണ് അത് ഗോണപ്രയോഗമാണ് മുഷിഞ്ഞതുകൊണ്ട് കറുപ്പെന്ന് പറയുന്നു അതുപോലെ തമാല ശ്യാമള എന്ന് പറയുന്നതൊരു ഗോണപ്രയോഗമാണ് പ്രകാശത്തിന്റെ അഭാവത്തെ കണ്ടിട്ട് അത് പ്രയോഗിക്കുകയാണ് ഇത് കറുപ്പാണല്ലോ പ്രകാശ ഭാവത്തിൽ അങ്ങനെ പറയാമോ വെളുത്ത തുണിയെ കറുപ്പെന്ന് പറയാമെങ്കിൽ പ്രകാശ അഭാവത്തെ തമാലസ്യാമൊന്നും പറയാം ഇതും ശാലിക നാഥന്റെ അഭിപ്രായമാണ് പ്രഭാകരന്മാരുടെ അഭിപ്രായമാണ് എന്നുവച്ചാൽ ഔപചാരിക ഗൗണമാണ് എന്ന് പറയാൻ പാടില്ല ആലോകാഭാവേ ആലോകാഭാവത്തിലുള്ള ഗൗണപ്രയോഗമാണ് എന്ത് നീലം തമ സ്ഥലതി എന്ന് പറയുന്നു ഏതുപോലെ സൗക്ലയാഭാവേ പടാതു നീലവ്യവഹാരൈവ ൗക്ലയാഭാവം ഉള്ള പടത്തിൽ എന്നുവച്ചാൽ വെണ്മ ഇല്ലാത്ത പടമെന്ന് പറഞ്ഞാൽ അഴുക്ക് വരണ്ട പടം നീലവ്യവഹാരം അവിടെ നീലം എന്ന് പറയും നീലം അവിടെ ഉണ്ടായിട്ടല്ല കറുപ്പ് കണ്ടിട്ടില്ല പറയുന്നത് ഗുണപ്രയോഗം ശുക്ലം തന്നെ വേദിയുക്തം ഔപചാരിക പ്രയോഗത്തിന് ഒരു ധാരണം കൊടുത്തു ഗൌണപ്രയോഗമായിട്ട് എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഗൌണപ്രയോഗം എവിടെയാടുക്കുന്നത് മുഖ്യത്തിൽ ബാധക ഉള്ളിടത്ത് ഇവിടെ മുഖ്യ ബാധകാഭാവ മുഖ്യത്തെ ബാധിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൌണമായിട്ടെടുക്കാം തമാല ശ്യാമളം എന്നുള്ള ഈ പ്രതീതിയെ ബാധിക്കുന്നതിനവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൗണപ്രയോഗം കൊടുക്കാം മറ്റ് പറഞ്ഞിടത്ത് ശരിയാണ് കാരണം അവിടെ വെളുപ്പ് തന്നെയാണ് തുണി തുണി വെളുത്തു തന്നെ ഇരിക്കുന്നു വെളുപ്പിനൊരിക്കലും കറുപ്പെന്ന് പറയാൻ പറ്റില്ല പക്ഷെ മുഷിഞ്ഞതുകൊണ്ട് പറയുന്നു അതുകൊണ്ട് കറുപ്പെന്ന് പറയുന്നത് ഈണപ്രയോഗമാണ് മുഖ്യമായി കറുപ്പെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് മുഖ്യത്തെ പ്രത്യക്ഷം തന്നെ ബാധിക്കുന്നു നീല മുഖ്യത്തെ നീലത്തെ മുഖ്യമായി പറയാൻ കഴിയത്തില്ല ഏഹ് നീലത്തെ ഗൌണമായിട്ട് പറയാൻ പറ്റില്ല നീലത്തെ മുഖ്യമായിട്ട് ബാധിക്കാത്തോണ്ട് ഏഹ് മുഖ്യമായ നീലത്തെ ബാധിക്കാത്തതുകൊണ്ട് അത് ഗവണമായി പറയാൻ അല്ല അവിടെ മുഖ്യം എന്താണ് വെള്ളത്താണല്ലോ സാധനം വെണ്മയാണ് ഇവിടെ കാണുന്ന വെണ്മയാണല്ലോ പക്ഷെ ഗൌണമായി പറഞ്ഞിരിക്കുന്നു അല്ലേ ഗവണമായി പറഞ്ഞ കറുപ്പെന്നല്ലേ െ കറുപ്പള്ളേ അതെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വെണ്മ ബാധിക്കും കറുപ്പെന്ന് പറയുന്ന മുഖ്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിന് വെണ്മ എന്ന് പറയുന്ന അറിവ് പ്രത്യക്ഷം ബാധിക്കും അപ്പൊ കറുപ്പെന്നുള്ളതിനെന്താ എടുക്കണം ഗൗണമായിട്ട് എടുക്കണം എന്തുകൊണ്ട് വെണ്മയാണ് തുണി കണ്ടാൽ അറിയാം വെളുത്താണ് കറുപ്പെന്നെടുത്തു കഴിഞ്ഞാൽ ഗൗണമായിട്ട് എടുക്കാൻ പറ്റൂ എന്തുകൊണ്ട് മുഖ്യം അവിടെ വെണ്മയാണ് അല്ലേ അതുകൊണ്ട് അവിടെ ഗൗണമെടുത്തു ബാധിക്കുന്നു പ്രത്യക്ഷമായ അനുഭവം കറുപ്പിനെ ബാധിക്കുന്നുണ്ട് കറുപ്പെന്നുള്ള അനുഭവം ഗൗണമായി അതുകൊണ്ടാണ് കർപ്പം എന്നുള്ള അനുഭവം ഗൗണമെന്ന് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നീലം തമ എന്ന് പറയുന്നിടത്ത് മറ്റൊരു അനുഭവം ഇല്ല ഉണ്ടോ തമസ് നീലം തമാ എന്നിടത്ത് വേറൊരു അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ മുഖ്യമായിട്ട് ഈ നീല എന്ന് പറയുന്നത് ഗൗണമെന്ന് പറയാം എന്തുകൊണ്ട് മറ്റേ അനുഭവം ഇതിനെ ബാധിക്കും അപ്പം നീല എന്ന് പറയുന്ന അനുഭവത്തെ ബാധിക്കുന്നതിനവിടെ വേറൊരു അനുഭവമില്ല മനസിലായോ വസ്ത്രത്തിൽ അങ്ങനെയല്ല നീലം എന്നുള്ള അനുഭവത്തെ ബാധിക്കുന്ന വെളുപ്പെന്നുള്ള അനുഭവം ഉള്ളത് കൊണ്ട് നീല എന്ന് പറയുന്ന അനുഭവം ഗുണം പ്രത്യക്ഷം ബാധിക്കും നീലം തമസ് സ്ഥലതി എന്ന് പറയുന്നിടത്ത് നീല എന്നുള്ള അനുഭവത്തെ ബാധിക്കുന്നതിന് വേറൊരു നീലം നിറത്തിന്റെ അനുഭവം വേറൊരു നിറത്തിന്റെ അനുഭവം ഇല്ല ഇല്ല അതുകൊണ്ട് ഈ അനുഭവം എന്താണ് മുഖ്യം തന്നെ എന്നാര പറയും അദ്വൈതി മുഖ്യ ബാധകാഭാവ അപ്പോഴാണ് താർക്കികൻ പ്രധാനമായി പിടിക്കുന്നത് ഇവിടെയാണ് ബാക്കി ഇവിടെ പോയി ചർച്ച ചെയ്യുന്നത് എന്താണ് ദ്രവ്യമല്ല ഉപലംഭത്തെ സംബന്ധിച്ചാണ് ഉപലംഭകം എന്ന് വെച്ചാൽ തമസ്സിനെ പ്രകാശത്തിന്റെ അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രത്യക്ഷമാവും ഇതാണ് അദ്വൈതി താർക്കിയോട് ചോദ്യം പ്രകാശത്തിന്റെ അഭാവം എന്ന് പറയുമ്പം അവിടെ ചാക്ഷപ്രത്യത്തിന് പ്രകാശം വേണം പ്രത്യക്ഷത്തിന് എല്ലായിടത്തും പ്രകാശത്തിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ചാക്ഷരപ്രത്യേകത്തിന് പ്രകാശത്തിന്റെ സഹായം വേണം ശ്രാവണപ്രത്യക്ഷം പ്രകാശം വേണോ അപ്പോ ഇതിനെ ഈ കാണുന്ന തമസ് തമസ്സെന്ന് പറയുന്നത് ചാക്ഷരപ്രത്യക്ഷണു അല്ലേ കാണുന്നുണ്ട് ഇതിനെ പ്രകാശത്തിന്റെ അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തി പറയുന്ന ഇങ്ങനെ ഒരു പ്രത്യക്ഷ ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ചാക്ഷുഷ പ്രത്യക്ഷത്തിന് എന്ത് വേണം പ്രകാശത്തിന് പ്രകാശം വേണം എന്തുകൊണ്ട് ഇത് രൂപം അല്ലെങ്കിൽ രൂപവത്തായ ഒരു വസ്തുവാണ് രൂപത്തെ കാണുന്നുണ്ട് രൂപവത്തായ ദ്രവ്യത്തെ കാണുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യക്ഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങള് പറയുന്ന എന്താണ് വെളിച്ചത്തിന്റെ അഭാവം എന്നത് അപ്പൊ പിന്നെ ഇതെങ്ങനെ പ്രത്യക്ഷം നടത്തില്ലോ അഭാവമാണെങ്കിൽ ചാക്ഷപ്രത്യക്ഷണോ അഭാവത്തെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ഷപ്രത്യക്ഷ ഇനി അദ്വൈതയോട് തർക്കം ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിനെ പ്രകാശവിരോധിയായ ദ്രവ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രകാശവിരോധിയായ ദ്രവ്യമാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ് പ്രകാശം നശിപ്പിക്കും ജലം എന്ന് പറയുന്ന അഗ്നിയുടെ വിരോധിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ജലം അഗ്നി നശിച്ചുപോകും അപ്പൊ പ്രകാശവിരോധിയാണെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന തമസെങ്ങനെ പ്രത്യക്ഷമാവും പ്രകാശമില്ലല്ലോ ഇല്ല അദ്വൈനീതിന് സമാനം പറയേണ്ടി വരും പ്രകാശവിരോധിയായ ദ്രവ്യമാണ് ഇരുട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യക്ഷം എങ്ങനെയാണ് പ്രകാശം ഉണ്ടെന്ന് പറയാൻ പറ്റൂ പറ്റുമോ ഞങ്ങൾക്ക് പ്രകാശം കൊണ്ട് ഇരുട്ടിന്റെ ഞാനുണ്ടാവുന്നെന്ന് പറയാൻ പറ്റുന്നുകൊണ്ട് ഇരുട്ട് പ്രകാശ വിരോധിയാണ് അപ്പോ ഇത് തന്നെയാണ് രണ്ടു കൂട്ടരുടെയും പ്രശ്നം അപ്പോ പ്രകാശ അഭാവമാണ് ഇരുട്ടെന്ന് വന്നു കഴിഞ്ഞാലും അതിന്റെ ചാക്ഷപ്രത്യക്ഷത്തിന് പ്രകാശം പ്രകാശവിരോധിയായ ദ്രവ്യാന്തരമാണ് ഇരുട്ടെന്ന് വന്നാലും അതിന്റെ ചാക്ഷ പ്രത്യക്ഷത്തിന് പ്രകാശം വേണം ഇത് തന്നെയാണ് രണ്ടുപേരുടെയും പ്രശ്നം രണ്ടുപേരും നേരിടുന്ന ഒരേ പ്രശ്നമാണ് രണ്ടുപേരും സ്വീകരിക്കുന്നുണ്ട് എന്താണ് അഭ്യ പറയുന്നത് രൂപവത്തായ ഒരു ദ്രവ്യത്തിന്റെ പ്രത്യക്ഷത്തിന് പ്രകാശം വേണം പൊതുവെ സ്വീകരിക്കുന്നു വിശേഷമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയും എന്താണോ പ്രകാശത്തിന്റെ അഭാവം അഭാവത്തിന്റെ ചാക്ഷപ്രത്യക്ഷത്തിന് പ്രകാശങ്ങൾ സമീപത്ത് സാഖികളോടെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടല്ലേ സമീപം താഖികളോട് നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടല്ലേ ഇപ്പൊ അത് അപ്പൊ സാക്കികരോട് ഒരു നിയമം ഉണ്ടല്ലോ അംഗീകരിച്ച പറ്റൂല്ല ഏഹ് അതുകൊണ്ടല്ലേ അഭാവം ഒന്ന് സ്വീകരിക്കുന്നു അവരഭാവം ഒന്ന് സ്വീകരിക്കുന്നുണ്ട് അവരഭാവം ഒന്ന് സ്വീകരിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് പ്രകാശത്ത് ചോദിക്കല്ലേ ഇതെങ്ങനെ നടക്കുമെന്ന് അവരുടെ സിദ്ധാന്തം പറഞ്ഞ അംഗീകരിച്ച പിന്നെ ചർച്ചയില്ല അവർക്ക് അവരുടെ സിദ്ധാന്തം ഉണ്ട് അദ്വൈതി അവരോട് ചോദിക്കാണെന്ന് അങ്ങനെ പ്രത്യക്ഷം ഉണ്ടാകും ഞങ്ങളുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ച നീങ്ങോ അത് തന്നെ അതാണ് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് നോക്കുന്നു അത് വരി അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് നീലം തമഹ തമാദശ്യാമളം എന്നുള്ള ഈ അനുഭവം മുഖ്യ മുഖ്യജ്ഞാനും തന്നെ പറയുന്നു അപ്പോഴാണ് താർക്കം ചോദിക്കുന്നത് രൂപത്വിയെ അത് ശാലികാനാഥ് പറയുന്നു രൂപത്വ രൂപത്വിയ ആലോക അനപേക്ഷ ചക്ഷന്യ ജ്ഞാന വിഷയത്വ അസംഭവോ ബാധക പറയുന്നു താർക്കികനം പറയരുത് നിങ്ങൾ പറയുന്നത് രൂപമുള്ളവരുടെ ദ്രവ്യമൊന്നാണ് അത് രൂപമായി കൊള്ളട്ടെ അല്ലെങ്കിൽ രൂപമുള്ള ദ്രവ്യം രൂപവത്തായിക്കൊള്ളട്ടെ രണ്ടായാലും ശരി ആലോകനിരപേക്ഷമായ ഒരു പ്രത്യക്ഷം ഞാനും ഉണ്ടാകത്തില്ല പറയുന്നത് അദ്വിതയോട് പറയുന്നു അത് രൂപവത്തായ ഒരു ദ്രവ്യമാണെങ്കിൽ ആലോകനിര നിരപേക്ഷമായ ഒരു പ്രത്യക്ഷം ഞാനും ഉണ്ടാകത്തില്ല അപ്പൊ നിങ്ങൾ പറയുന്ന എന്താണ് ഈ തമസ് ആലോകവിരോധി എന്നാണ് അപ്പൊ ആലോകം ഇല്ല അവിടെ പിന്നെ എങ്ങനെ പ്രത്യക്ഷ ഉണ്ടാവും എന്നാണ് അത് താർക്കികം അംഗീകരിക്കുന്നുണ്ട് എന്താണ് രൂപവത്തായ ഒരു ദ്രവ്യത്തിന്റെ പ്രത്യക്ഷ ഉണ്ടാവണം അംഗീകളിച്ച പ്രത്യക്ഷ നിങ്ങൾ പറയുന്ന ഈ തമസ് അത് അത് ഇരിക്കും സ്വീകരിച്ചല്ലേ പറ്റൂ നിങ്ങൾ പറയുന്ന ഈ തമസ്സെന്ന് പറയുന്നത് ൂപവത്തായ ദ്രവ്യമാണ് വെളിച്ചം കൂടി അതെങ്ങനെ പ്രത്യക്ഷം ഉണ്ടാവും എന്നാണ് രൂപത്വേ രൂപവത്യുക ആലോക അനപേക്ഷ എന്ന് വെച്ചാൽ ആലോക നിരപേക്ഷ ചക്ഷുജന്യജ്ഞാനം എന്ന് വെച്ചാൽ ചാക്ഷപ്രത്യക്ഷം ജ്ഞാനവിഷയത്വം അസംഭവവും എന്ന് വെച്ചാൽ ജ്ഞാന വിഷയത്തോ ഉണ്ടാകത്തില്ല ഇതാണ് ബാധകം എന്തിന് നീലം തമ എന്ന് പറയുന്ന ഈ പ്രതീതിക്ക് ബാധകമുണ്ട് എന്ത് ബാധകം ഇത് ആലോക വിരോധിയായ ഒരു ദ്രവ്യത്തിന്റെ പ്രത്യക്ഷമാണെങ്കിൽ അത് സംഭവിക്കട്ടെ ആലോകം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആര് പറയുന്നു ആലോകവിരോധിന ആലോകഭാവ വ്യഞ്ജനീയതയാ തന്നിരപേക്ഷ ചക്ഷുവിഷയത്തുപൊത്തേഹേ പറയുന്നു ഞങ്ങളുടെ ഈ തമസം എന്ന് പറയുന്ന ദ്രവ്യം നേരത്തെ പറഞ്ഞല്ലോ ഇത് ആലോകവിരോധിയാണ് എന്ന് പറഞ്ഞത് ആലോക വിരോധി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ആലോകത്തെ നശിപ്പിക്കുക ആലോകത്തെ നശിപ്പിച്ചാൽ എന്തവിടെ കാണും ആലോകത്തെ നശിപ്പിച്ചാ എന്ത് കാണും ആലോകത്തിന്റെ അഭാവം കാണും നശിപ്പ് ഈ കാണുന്ന സാധനം എന്താണ് ആലോകവിരോധിയായ ഒരു ദ്രവ്യം നിങ്ങള് വെള്ളം ഒഴിച്ച് തീ അണച്ചും കാണും എന്താണോ വെള്ളം കാണത്തില്ലേ രണ്ടും കാണുമല്ലോ അതുപോലെ തന്നെ ആലോകവിരോധിയായ ഒരു ദ്രവ്യമാണ് തമസ് ആലോകത്തെ നശിപ്പിക്കുമല്ലോ അങ്ങനെ നശിപ്പിക്കുമ്പോൾ അവിടെ ആലോക അഭാവം കാണും ആ ആലോക അഭാവമാണ് ഇതിനെ വഞ്ചിപ്പിക്കുന്നത് ഏതിനെ നിലം തമാരൻ തോമസിനെ വഞ്ചിപ്പിക്കുന്ന ആലോക അഭാവമാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ആലോകവിരോധിയായതോന്നു ഇത് ബാക്കിയുള്ളിടത്ത് നടക്കത്തില്ല ആലോകവിരോധിയായിട്ട് ഒരു ദ്രവ്യമേ ഉള്ളൂ ഏത് തോമസ് അത് ആലോകത്തെ നശിപ്പിക്കും ആലോകത്തെ നശിപ്പിച്ച അവിടെ ആലോക അഭാവം കാണും ആലോക അഭാവം എന്ത് ചെയ്യുന്നു തമസിനെ വ്യഞ്ജിപ്പിക്കുന്നു അതുകൊണ്ടാണ് തമസ് പ്രകടമാ പ്രത്യക്ഷമാകുന്നത് നദ് ഇത് പറയുന്നു എന്താ പോലെ ഏ ആലോകം ആലോകഭാവം തമസിന്റെ വ്യഞ്ജകം എല്ലായിടത്തും അതാകത്തില്ല തമസിന്റെ വ്യഞ്ജകമായിട്ടവിടെ എന്ന് വെച്ചാൽ തമസിനെ വ്യഞ്ജിപ്പിക്കാവുന്ന സ്ഥിരമായിട്ടവിടെ വേണം അല്ലേ എവിടെയൊക്കെ തമസ് വരുന്നു അവിടെയൊക്കെ അത് ആലോകത്ത് നശിപ്പിക്കുന്നു അവിടെ എല്ലായിടത്തും ഇവിടെ എന്തായിരിക്കും ആലോകഭാവം എന്നുവെച്ചാൽ അദ്വൈതി ആലോക അഭാവത്തെ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിച്ചേ പറ്റും പക്ഷെ ആലോകാഭാവം എന്തല്ല തമസ്സല്ലാന്ന് പറയുന്നുള്ളൂ എന്താ പറയുന്നത് ആലോക അഭാവം തന്നെ തോമസ് വേറൊരു ദ്രവ്യം അല്ല അത് ഇത് ഇവിടെ രണ്ടെണ്ണം സ്വീകരിക്കുന്നു തമസ് എന്ന് പറയുന്ന ഒരു ദ്രവ്യവും ആലോകഭാവം എവിടെയൊക്കെ തോമസുണ്ടോ അവിടെ എന്നുണ്ട് ആലോകമാണ് ഭാവം തോമസിനെ വ്യഞ്ചിപ്പിക്കുന്നു അതുകൊണ്ട് തോമസ് കാണുന്നു സഹായിച്ചെന്ന് അംഗീകരിച്ചേ പറ്റൂ അതിനെ പറയും അതിനെ യുക്തി പറയും എന്തുകൊണ്ടെന്ന് ആലോക അഭാവം തമസിനെ വ്യഞ്ചിപ്പിക്കുന്നു എന്നുവെച്ചാൽ അതുകൊണ്ട് സു അത് നമ്മളെ ചിന്തിക്കും ആലോക അഭാവം എങ്ങനെയാ തമസിനെ വ്യഞ്ചിപ്പിക്കുന്നു അത് വിരോധിയായ കാര്യമല്ലേ അല്ലേ വിരോധിയായ കാര്യങ്ങളാണ് വ്യഞ്ചിപ്പിക്കുന്നത് ഉദാഹരണം വേറെ അഗ്നിയെ വ്യഞ്ചിപ്പിക്കുന്നു അല്ലേ അഗ്നിയും വിറങ്ങും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ കർഷണം സംഭവിക്കുമ്പോരുന്നു അഗ്നിയെ വ്യഞ്ചിപ്പിക്കുന്നു അഗ്നിയും ചെയ്യുന്നു വിറകിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ രണ്ടും പരസ്പര വിരുദ്ധമാണ് നമുക്ക് വിറക് വിറക് പ്രത്യക്ഷമാകും പോലെയാണോ അഗ്നി പ്രത്യക്ഷമാകുന്നു അല്ലേ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണക്ക ആളിക്കത്തുന്ന തീയും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധമുണ്ട് പക്ഷെ വിറക് അഗ്നിയെ വെഞ്ചിപ്പിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ സംശയതാണല്ലോ അഭാവം എങ്ങനെ വെഞ്ചിപ്പിക്കും കാരണം അത് തോമസിന് ഏറ്റവും വിരോധിയായ കാര്യമല്ലേ അഭാവം അഗ്നിയുടെ ഏറ്റവും വലിയ വിരോധിയാരാണോ വിറക് എന്തുകൊണ്ട് അഗ്നിയെ നശിപ്പിക്കും പക്ഷെ അവർക്ക് തന്നെ അഗ്നി എന്ത് ചെയ്യുന്നു വ്യഞ്ചിപ്പിക്കുന്നു വിരോധങ്ങളിൽ കാര്യം നടക്കില്ലെന്ന് പറയാൻ പറ്റും ആലോകവിരോധന തമസ ആലോക അഭാവവ്യഞ്ജനീയതയ തന്നിരപേക്ഷ ചക്ഷുവിഷയത്തു കൊത്തി അത് പറയുന്നതിലൊരു ഇക്കിയുണ്ട് ഇപ്പൊ ഇവിടെ ഒരു നെഴലുണ്ട് ഒരു ചെറിയ നെല് ആ നെഴലുകൊണ്ടാണ് ഇതിന് നമുക്കിവിടെ കൂടുതൽ ഇപ്പുറത്ത് പ്രകാശം കൂടുതൽ തോന്നുന്നത് അപ്പുറത്ത് നിഴലിലുള്ള കൊണ്ടാണ് ഇല്ല ഒരു നല്ല ഇരുട്ടത്ത് ഒരു ചെറിയ ബൾബിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഭയങ്കര പ്രകാശമായിരിക്കും ഇരുട്ട് പ്രകാശത്തെ വ്യഞ്ചിപ്പിക്കുന്നു ഇരുട്ട് അതേസമയം നട്ടുച്ചയ്ക്ക് ഒരു ബൾബിട്ടാലോ അവിടെ എന്തുകൊണ്ട് ഇരുട്ടില്ലാത്തോണ്ട് ഇങ്ങനെ ചില അനുഭവങ്ങൾ നമുക്കുണ്ട് ചൊരുദാർ അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ആലോകഭാവം തോമസിന് തോമസിനെ വഞ്ചിപ്പിക്കുന്നു അത് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ആലോകാഭാവം ഇരുട്ട് വഞ്ചിപ്പിക്കും അതല്ലേ ഇരുട്ടത്തിൽ ഏറ്റെടുത്തൂട്ടുള്ള പ്രകാശം കിട്ടും അത് അനുഭവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ീയതയാ വ്യഞ്ജനീയമാണ് ഏത് ധാതുമാണ് അഞ്ചുഗതി പൂജനയോ വി അഞ്ചു പ്രത്യേകം ഏതാണോ വി അഞ്ചു ആയനീയം അനിയര യോഗ്യത കർമ്മണിയാണ് പ്രത്യേകം വ്യഞ്ജനീയം എന്താണ് വ്യഞ്ജനീയം ആലോകഭാവേന വ്യഞ്ജനീയമാണെന്തുവന്നു തോമസ് അപ്പൊ വ്യഞ്ജനീയത്വം എവിടെ വന്നു തോമസ് വ്യഞ്ജനീയത എന്ന് ശ്രീലിംഗത്തിൽ പറഞ്ഞു ആലോകാഭാവത്തിൽ വ്യഞ്ജനീയത വന്നു അത് തമസ് ആലോകാഭാവ് വ്യഞ്ജനീയ ഇവിടെ രണ്ട് പദാർത്ഥം വന്നു അദ്വൈതിക്ക് ഒന്ന് ആലോകാഭാവും മറ്റൊന്ന് തമസ് തോമസ് ആലോകം അതുകൊണ്ട് അതൊക്കെ നമ്മുടെ സ്വന്തം സൃഷ്ടി ഇവിടെ ഇല്ല നിങ്ങക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഇല്ല ഇവിടെ ഇല്ല തന്നിരപേക്ഷ ചക്ഷുർ വിഷയത്തുപോത്തേ അതുകൊണ്ട് എന്തുവരുന്നു തൻ നിരപേക്ഷം എന്ന് പറഞ്ഞു എവിടെ വരും എവിടെ വരുന്നു ആലോകനിരപേക്ഷ ചക്ഷുർ വിഷയത്ത് എവിടെ വന്നു തമസ്സി ആലോകത്തിന്റെ ആവശ്യമേ അല്ല തമസ് ആലോകഭാവം കൊണ്ട് പ്രത്യക്ഷ വന്നതിന് ആലോക അഭാവം മതി വിരോധിയായിരിക്കുന്ന ഒന്നിനെ അതിനെ വ്യഞ്ചിപ്പിക്കാൻ കഴിയും ഇതാണ് പറയുന്നത് അതാണ് ആലോക നിരപേക്ഷ ചു വിഷയത്ത് ഉപത്തേഹി എന്നാണ് ഞാനീ ഉദാഹരണം പറയും നിങ്ങൾ കൂടുതൽ ചോദ്യം ചോദിക്കാതിരിക്കാം നിങ്ങളെ ഒന്ന് അമർത്താൻ വേണ്ടിയിട്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പ്രകാശോ അതെങ്ങനെ വ്യഞ്ചിപ്പിക്കുന്നു ഇത് പറഞ്ഞാ പിന്നെ കൊറേ ആശ്വാസം വരും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ന് സമാധാനം കിട്ടത്തില്ല അലോ ആ ഇരട്ടിനെ വ്യഞ്ചിപ്പിക്കുന്നു പറഞ്ഞ മനസിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അത് വേറെ വിഷയങ്ങളിൽ നിങ്ങള് ചിന്തിച്ചു പോകും എന്നാലേ എനിക്ക് മുമ്പോട്ട് പോവാൻ പറ്റും അതെ അതുപോലെ ും അതിനുവേണ്ടി പറഞ്ഞാണ് ഒന്നും വ്യാഖ്യാനത്തിലല്ല അപ്പോ ഒരു പ്രയാസം ഇവിടെ ഉദാഹരണമൊന്നും പറഞ്ഞില്ലല്ലോ എന്നാലും എന്താണോ ആലോക അഭാവ ഇരട്ടിനെ വഞ്ചിപ്പിക്കുന്നു അഭാവം വഞ്ചിപ്പിക്കുന്നു ഇതെങ്ങനെ ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പോ അത് ഈ ചോദിക്കുന്നതാണ് നിങ്ങൾ ഇരുട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഉണ്ട് എന്നാ ഇത്രയും മതി ഇതുകൊണ്ട് സമ്മാനപ്പെടുക ഇരട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടാപ്പോ സംഗതി കണ്ടാ പോരേ അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് െന്താണെന്ന ഏഹ് ഇരട്ടിനെ കാട്ടിത്തരുന്നത് അതാണ് ഉപ ഉപലംഭകം എന്തെന്നുള്ളതാണ് അത് ഇരട്ട് ഒരു പ്രത്യക്ഷമാകുമെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം ദ്രവ്യമായി കഴിഞ്ഞ അതിന് ഞങ്ങൾ സമാനം പറയുന്നു അത് പ്രത്യക്ഷമാകും നിങ്ങൾക്കത് ബോധ്യവുമാണ് അത് മതി പ്രത്യക്ഷമാകാൻ കഴിയുമോ എന്നുള്ളതിന് യുക്തി ഞങ്ങൾ പറഞ്ഞു പ്രത്യക്ഷമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ പിന്നെ കാരണത്തെക്കുറിച്ചാണ് കാരണം പറഞ്ഞു കഴിഞ്ഞു മാനവകഭാവം ഇരട്ടിനെ വഞ്ചിപ്പിക്കുന്നു അപ്പോ നമ്മളേത് സാധാരണ എന്താ ചെയ്യുന്നത് കാര്യത്തെ കണ്ടിട്ട് കാരണത്തെ ഊഹിക്കുകയാണ് അപ്പോ ഈ പറയുന്ന തമാല ശ്യാമളമായ സാധനം പ്രത്യക്ഷമാണെന്നുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ പ്രത്യക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നു സാമർഥ്യ സ്വരിക അത് എന്തുകൊണ്ടാണോ അത് സംഭവിച്ചു പറയുന്നത് അതിന്റെ ആ സാമർഥ്യത്തെ പ്രത്യക്ഷമാവുന്ന കാര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും സാമർഥ്യം എന്താണോ അഭാവത്തിന് അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ടോന്നാണ് പ്രത്യക്ഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അഭാവത്തിന് അങ്ങനെ ഒരു സാമർഥ്യമുണ്ടോ കാര്യം കണ്ടിട്ട് സാമർഥ്യത്തെ അംഗീകരിക്കുന്നു അതായത് അഗ്നി എന്ത് ചെയ്യുന്നു ദഹിപ്പിക്കുന്നു അല്ലേ അഗ്നി ദഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ദഹനം എന്ന് പറയുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നു അഗ്നിക്ക് ദഹന സാമർഥ്യം ഉണ്ടെന്ന് അനന്തപ്രയാസം കാര്യത്തെ കണ്ടുകഴിഞ്ഞാൽ കാരണത്തെ അംഗീകരിച്ചേ പറ്റും അപ്പൊ കാര്യഗമ്യമാണെന്ത് അഗ്നിയുടെ അഗ്നിയുടെ ദാഹകത്വം എന്ന് പറയുന്നത് കാര്യം കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ ദഹന സാമർഥ്യം ഉണ്ട് അംഗീകരിച്ചല്ലേ പറ്റോ അവരെ തമസെന്ന് പറയുന്നത് പ്രത്യക്ഷമായി കാണുന്നു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടി എന്താണ് സാമർഥ്യമുണ്ട് അതൊരു പൊതുവായ തത്വം പറയണ സാമർഥ്യഗമ്യത്വ സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും കാര്യഗമ്യമാണ് അല്ലേ ഇവിടെ ആലോകാഭാവം ഉണ്ടായത് തമസിന്റെ ഫലമായിട്ടാണെന്നും കൂടി സ്ഥാപിക്കണ്ടേ ഏഹ് തമസ് ആലോകത്തെ നശിപ്പിക്കുന്നുണ്ട് ആലോകവി ആലോകവിരോധിയാണ് അതുകൊണ്ട് അത് ഇവിടെ തെളിയിച്ചില്ല അദ്വൈതി അങ്ങനെ അല്ല അത് പ്രത്യക്ഷ സുദ്ധമായ കാര്യമല്ലേ തമസ് ഉള്ളിടത്ത് വെളിച്ചമില്ല അത് തമസ്സുള്ളിടത്ത് വെളിച്ചമില്ലാന്നുള്ള കാര്യം രണ്ടുപേരും അംഗീകരിക്കുന്നു ആര് തർക്കേനും അംഗീകരിക്കുന്നു അദ്വൈതി അംഗീകരിക്കുന്നു ആ തമസ് എന്താണെന്നുള്ളതാണ് പ്രശ്നം തമസ്സെന്ന് പറയുന്നത് ദ്രവ്യാന്തരമാണ് അത് വെളിച്ചത്തെ നശിപ്പിച്ചു എന്ന് അദ്വൈതി പറയുമ്പം അത് വെറും ആലോകാഭാവം മാത്രമാണ് വേറൊന്നും ഇവിടെയില്ല ബാക്കി കാണുന്നതൊക്കെ ഭ്രമമോ ഗൗണമോ മറ്റത് ഇതൊക്കെയാണ് എന്നാരു പറയുന്നു കാർഗിയം പറയുന്നു അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും മസിന്റെ ചാക്ഷപ്രത്യക്ഷല്ലേ സംഭവിക്കുന്നു എവിടെയൊക്കെ ചാക്ഷപ്രത്യക്ഷമുണ്ടോ അവിടെയെല്ലാം വെളിച്ചം വേണം അല്ലെ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം വെളിച്ചം വേണ്ട ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ആണ് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലം മാത്രം തമസിന പ്രത്യക്ഷമാകുന്നതിന് മാത്രം വെളിച്ചം വേണ്ട ബാക്കിയുള്ള എല്ലാ ചർഷപ്രത്യക്ഷത്തിലും പ്രകാശം വേണം ഇതങ്ങനെ ഇതിനെന്ത് സമാധാനം പറയും എന്നാണ് എന്നുവെച്ചാ ഇവിടെ അദ്വൈതയും തർക്കിക്കാനും കട്ടയ്ക്ക് കട്ട നിക്കുകയാണ് അല്ലേ എന്തൊക്കെ പ്രശ്നം അങ്ങോട്ട് പറയുന്നു ആ പ്രശ്നമൊക്കെ ഇങ്ങോട്ടും വരും രണ്ടുപേർക്കും ഇപ്പോ രണ്ടു ചട്ടമ്പിമാർ റോഡിൽ കിടന്ന് തല്ലുകൊടുന്ന പോലെയാണ് കുറച്ച് തല്ലിക്കഴിഞ്ഞപ്പോ അവരാഗ്രഹിക്കണം ആരെങ്കിലും വന്ന് പിടിച്ചു മാറ്റി ഇവിടുന്ന് എഴുന്നേറ്റ് പോകാമായിരുന്നു കാരണം ഇത് അവസാനിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ താറക്കെയ്യാനും അധികം ഈ പറയുന്നൊക്കെ ഇരുതലവാളാണ് തിരിച്ചും പറയാം അല്ലേ അത് തിരിച്ചു ചോദിക്കും ശരി നിങ്ങൾക്ക് എല്ലാ പ്രത്യക്ഷത്തിനും ആലോകം വേണം അപ്പൊ ആലോകാഭാവം നിങ്ങൾക്ക് പ്രത്യക്ഷമാകുന്നതിന് ആലോകം വേണ്ടേ തിരിച്ചും ചോദിക്കാണ്ടോ ആ തിരിച്ചു ചോദിച്ചോടി അപ്പോ താർഗീയം പറയും എന്താണ് സാമർഥ്യസി കാര്യഗമ്യത്തോ അലോകം പ്രത്യക്ഷമാണോ ആണെങ്കിൽ ആലോകം കൂടാതെ തന്നെ എന്റെ അഭാവം പ്രത്യക്ഷമാകുന്നു കാര്യമെത്തോ തിരിച്ചും പറഞ്ഞൂടെ സിദ്ധാന്തത്തിന് ഇല്ല തർക്കം പറയുന്നു ആലോകാഭാവം പ്രത്യക്ഷമാകുന്നതിന് ആലോകം വേണ്ട അതങ്ങനെ ശരിയാകും എല്ലാ പ്രത്യക്ഷത്തിനും ആലോകം വേണമല്ലോ പറയുന്നു സാമർഥ്യസ്യ കാര്യഗമ്യത്വ ആലോകാഭാവം എന്നൊക്കെ പ്രത്യക്ഷമാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടെന്നാ കാര്യം അതിനുള്ള സാമർഥ്യം ഊഹിച്ചവണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനാലോകം വേണ്ട അത് തന്നെ ഇത് തർക്കേനും പറഞ്ഞൂടെ അതുകൊണ്ട് അദ്വൈതി വീണ്ടും കിട്ടി പറയുകയാണ് തിരുമ്മതി വലിയ അടിയാകുമ്പോഴേ ദഹിക്കത്തിൽ